അവർ അള്ളാഹുസുബഹാനുഹുവായാലയ്ക്കു പുറമേ തങ്ങൾക്കുപകാരമോ ദോഷമോ ചെയ്യാത്തവയെ ആരാധിക്കുന്നു എന്നിട്ടവർ പറയുന്നു ഇവർ അള്ളാഹുവിൻറെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നവരാണ് പറയുക ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുസുബഹാനുഹുവത്തായാലറിയാത്ത കാര്യമാണോ നിങ്ങളവനെ അറിയിക്കുന്നത് അവർ പങ്കു അവൻ പരിശുദ്ധനും ഉന്നതനുമാകുന്നു